ൂറ അല്ലുക് അളവറ്റ അരുളളനും നികരട്ട അൻപടയോനുമാകിയ അല്ലാഹുവരോ തോന്നുകേ ഇവ ഞാനം നിറൈത വേദത്തിൽ വചനങ്ങളാകും ഇത് നന്മ ചെയ്ത് നേർവഴികാട്ടിയാകും അരുളകും അവർ എത്തോർ എന്താ ഉറിയാ മുറപ്പടി കടപിടിച്ച് ഒഴുകുവെതി ജകാത്തും കൊടുത്തു വരുവാനും മറമയെ ഉറിയാ നമ്പ ഇളവനേർവഴിയവർ നിശ്ചയമാവുകളേ വെച്ചവര മനുഷ്യ അവർ അറിവില്ലാൽ വീണാണ് പേച്ചുവാങ്ങി അവറ്റാൽ മക്കളെ അല്ലാഹുവ പാതയിലിന് വഴികെടുക്കവും അല്ലാഹുവ പാതയെ പരിഹാസമാക്കിക്കൊള്ളവും മുയുകൾ ഇത്തയോക്ക് ഇഴി ഉതും വേദന ഉണ്ട് അത്തവനുക്ക് നമ്മുടെ വസനങ്ങൾ ഓടിക്കാൻപിക്കാൽ അവൻ അവനേ പോൽ അവൻ ഇരു കാുകളിലും ചെവിട്ട് തനത്തിൻ വടുപ്പതുപോലെ കൊണ്ടവനായി തുമ്പി വിടുക അവനുക്ക് നോവിനെ ചെയ്യും വേദന ഉണ്ട് എന്ന് നബിയേർ നച്ചെയ്ത് കൂടുവീരാണ് നിശ്ചയമാൻ്ലിക അമൽ ചെയ്തു ബാക്യമുള്ള സുവനപതീകൾ അങ്ങു എന്തെങ്കിലും തങ്കുവൻ വാക്ക് ഉണ്മയാനത് അവൻ മികു വല്ലമയുടയാനം മിക്കോർ അവൻ വാനങ്ങളെ തൂണിന്യേ പഠിത്തുള്ള പാർക്കിൾ ഉണ്ടാകും ഭൂമി അസയാതിരുപ്പതേൽ ഉറിയാ നീതി എല്ലാവിധമായ പ്രാണികളെയും അവൻ പരവവിട്ടിരിക്ക ഇന്നും നാമേ വാനത്തിലിരുന്ന് മഴയെ പൊഴിയച്ചു അതിൽ തന്നയ വകയാണ് മരം കൊടി ആകിയവ ജോടി ജോഡിയാ നാം ഉളപ്പിത്തിരിക്കോ ഇവയം അല്ലാഹുവ പടൈപ്പാകും അവൻ നന്ദി ഉള്ളവൈ എതെ പഠിത്ത എനിക്ക് കാണിയുങ്ങൾ അവർ നബിയേർ കൂറും അവിയായക്കാരുകൾ ബഹിരങ്ക വഴികേട്ടിലാണ് ുക്ക് അല്ലാഹുക്ക് നന്ദിസെത്തും ഏനാൽ നന്ദിസെത്തുക നന്മക്കാൻ നന്ദിസെത്തുക നിരാകരിക്കാനോ അവൻ തന്നെയേ നട്ടപ്പെടുത്തിക്കൊളി നിന്നും ഇല്ലാതവൻ പുഴ പടുപൻ കൂറി നിശ്ചയമാുക്ക് മ തം പുതൽവർക്ക് അകനേ അല്ലാഹുക്ക് ഇണൈവക്കാറേ നിശ്ചയമ ഇണൈവൽ മിക പെരും അനുയായമാകും എന്ന് നല്ലുപദേശം ചെയ്തു കൂറിയതായി നിലവിയ നാം മനുതനുക്ക് തൻ പെട്ടോർ ഇരുവർക്കും നലം ചെയ്യത് പറ്റി നല്ലുപദേശം ചെയ്തു ബോധിത്തോ അവനത്തിന്മേൽ ബലഹീനം കൊണ്ടവളാഗത്തിൽ അവനെ ചുമതാൾ ഇന്നും അവനുക്ക് പാൽപുടി മറത്തലിൽ ഇരുന്നീക്കും നന്ദിസെത്തുവ എന്നിടമേ ഉന്നുടേ മീലുത ആനാൽ നീ എതുപറ്റി അറിവ് ആധാരം പെട്ടവനാ ഇല്ലയോ അതെ ഇണൈവിക്കുമാന്നിടം മുയവാരുകള അപ്പോൾ അവിപട ആണാൽ നീ മറ്റും നന്മയാണ്വർക്കിൽ അവരുടെ കനിവുടൻ ഇസൈന്വാൾ യാവത്തിലും എന്നയെ നോക്കി നിർപ്പോരൻ വഴിയെ നീ പറ്റുവായാകൾ അനവരുടെ മീറലും എന്നിടമേ ആകും നിങ്ങൾ എന്നു കൊണ്ടിരുന്നപ്പോൾ നാ ഉ അറിയിപ്പേ ലുക്ക്മാം പുതൽവരിടം എൻ അരുമെ മകനേ നന്മയോ തീമയോ അത് ഒരു കടുഹിൻ വിത്ത് അളവേ ഇടയുള്ളത് ആയിനും അത് തപ്പാറെയ്ക്ക് അല്ലത് വാനങ്ങളിൽ അല്ലത് ഭേ ഇരുന്നാലും അല്ലാഹ് അതെയും വെളിയേ കൊണ്ടുവരുവാന് നിശ്ചയമാണറി മിക്കവൻ അന്തരംഗത്തെയും നന്ദി അരുമെ മകനേ നീ തൊഴുകയെ ഉറിയാ മുറപ്പടി കടപിടിപ്പായ നന്മയെ ഏവി തീമയെ വിട്ടും മനുതായ ഉനക്ക് ഏർപ്പെടും കഷ്ടങ്ങളെ പൊറത്ത് കൊള്ളവായാക നിശ്ചയമാ ഇത് വീരമുള്ളിൽ പെരുമയോട് ഉൻ മുഖത്തെ മനുതും തീരുപ്പിക്കൊള്ളേ ഭൂമിയെരുമയും നടക്കാതെ അകപ്പെരുക്കാരർ ആണവം കൊണ്ടോർ എവരെയും നിശ്ചയമാ അല്ലാഹ് നേശിക്കമാട്ടു നടയിലെ മിക വേഗമാവോ അധിക സാവധാനമാകോ ഇല്ലാമത്തെ ഉൻ കുറലെയും താഴ്ത്തിക്കൊള്ള കുറലുകളിലെല്ലാം വെറുക്കത്തക്കത് കഴുയൻ കുറലേ ആകും നിശ്ചയമാണങ്ങളിൽ ഉള്ളവരെയും ഭൂമിയുള്ളവറ്റും ഉപതയും ഇന്നും തൻ അറുപൊരു പുറത്തിലും അകത്തിലും നിലമ്പെടുക്കാൻ എന്തെയും നിങ്ങൾ അറിയില്ല ആയിനും മക്കളിൽ ചിലർ ഇരിക്ക കറിയില്ല ഒളിമിക്കില്ലാമും അല്ലാഹുവെ കുറിച്ച് തർക്കം ചെയ്യുന്ന അല്ലാഹ് ഇറക്കി വേദത്തെ അവർ അപ്പം എങ്ങനെയെതിൽ കണ്ടോമോ അതെത്താൻ പറ്റുവോം എന്ന് കൂടുതലും അവർത്താൻ കൊഴുന്ന് വിട്ട് എറിയും നരക നെരുപ്പിൻ പക്കം അഴൈത്താലുമാൻപറ്റവൻ തൻ മുഖത്തെ മുറ്റിലും അല്ലാഹുവൻ പക്കമേ ത നന്മോ അവ കയറ്റല പറ്റിപ്പിടിച്ചു കൊണ്ടാണ് ഇന്നും കാര്യങ്ങളിൽ മുടിവെല്ലാം അല്ലാഹുവിടമേ ഉള്ളത് കബിയെപ്പാണോ അവനുടേ നിരകരി ഉമ്മ വിഷലപ്പെടുത്താം അവളുതൽ നമ്മുടെ അവർ എന്നു കൊണ്ടിരുന്നപ്പോൾ നാം അവയു ഇതയങ്ങളിൽ ഉള്ളവറ്റ നനു അറിവൻ അവർ നാം സിത് സുഹിക്കാം അവരെ മികവു കടുമയ വേദനയിൽ പുറ നിർബന്ധിപ്പോ വാനങ്ങളെയും ഭൂമിയെയും പഠിത്തവൻ യാർ അവടം കീരായും അവർ അല്ലാഹ് എൻ്റെ നിശ്ചയമാകലില്ലാ എല്ലാ പുഴും അല്ലാഹുക്കേ എന്റെ കൂടുവീരാണ് എനും അവരുപാലോർ അറിയ മാറ്റി വാരങ്ങളിൽ ഭൂമിയുള്ളവയും യാവും അല്ലാഹുക്കേ ഉച്ചയമ അല്ലാ എവരിടമയറ്റവൻ പുഴവൻ മേലും ഇപ്പൂമിയുള്ള മരങ്ങൾ യാവും നിശ്ചയമാളുകോലുകളും കടൽ നീർ മുഴുവൻ അനുടൻകൂടെ ഏഴ് കടലുകൾ അധികമാക്കപ്പെട്ട മയ്യാ പോലും അല്ലാഹുവിൻ വാർത്തകൾ കൊണ്ട് എഴുതി മുടി നിശ്ചയമാക്കോർ മനുതും ഒരുവരെ പഠിത്ത അവർ മറിത്തൊടുത്ത് എഴുപ്പവുപോലില്ല അല്ലാ യാവത്തെയും സേവേപ്പവൻ ഉോക്ക്പവൻ സിന്നമാ അ താൻ ഇരവ പകലിൽ പുത്തുക പകലെ ഇരവിൽ പുതുകര ഇന്നും സൂര്യനെയും ചന്ദ്രനെയും വശപ്പെടുത്താൻ പാർക്കില്ല ഒവൊന്നും ഒരു കുറിപ്പിട്ട തവണയപടി അംഗിയും നിശ്ചയമാ അല്ലാഹ് നിങ്ങൾ ചെയ്വവത്തെ നൻകറികൾ പിന്നമാ അല്ലാഹവേ മെയ്യാന ഇറവനാവാൻ അവനെ അന്തി അവൾ പ്രാർത്ഥിപ്പവ്യാവും അസത്യമായവലും നിശ്ചയമാക്കവൻ മഹാപെരി തന്നുടേ അതാഹുടേ അരുടെ കൊടയ കടലിൽ മിന്ന്സേ കാണില്ല പൊറൈമിക്ക നന് അറിതയൊരുവർക്കും അത്താക്ഷികൾക്കപ്പലിൽ അവൾന് കൊള്ളുമാനാൽ അല്ലാഹുക്ക് വഴിപെട്ട് അന്തരംഗ സുക്കിയുടൻ അവരിടം പ്രാർത്ഥിക്കുന്ന ആണോ അവൻ അവപ്പാറ്റി കരേ സേർത്ത് വിട്ടാൽ അവർ ചിലർദാം നടുനിലായി നടന്നുകൊളരാ മികവും നന്ദി കെട്ട പെരുദുരോഹികളെ തവര എവരും നം അത്താക്ഷികളെ നിരാകരിപ്പതിൽ മനുതേ ഉള്ള ഇളവനെ അഞ്ചി നടന്നുകൊള്ളു ഇന്നും അന്ന മറേ നാളെ കുറിച്ച് പയന് അന് നാളിൽ തന്നെ തൻ മകനുക്ക് എന്തൊരു കടമയും നെറവേറ്റ ശക്തി പരാപോലെ പ്ലൈക്കും എന്ന് നെറവേറ്റി വയ്ക്ക ഇൻക്ക് ഉള്ളതാകും ആകെ ഇവ ഉലകളെ മറട്ടി ഏമാറ്റിവിടാം മറുട്ടി ഏമാവനാകിയ ശൈത്താനും അല്ലാഹുവേ കുറിച്ച് ഉണ്ടെ മറട്ടി ഏമാറ്റാതിരിക്കും നിശ്ചയമാ പറ്റിയ ഞാനം അല്ലാഹുവിടമേക്കും അവനെ മഴയെയും ഇറക്കുക അവൻ ഗർപ്പങ്ങളിൽ ഉള്ളവറ്റും അറികളാണ് നാളെ ദിനം താൻ ചെയ്ത് സമ്പാദിപ്പത് എവരും അറിവില്ലേ താൻ എന്തൂമിയറപ്പം എന്തെയും എവരും അറിയമാ അല്ലാഹുതാൻ നനു അറിവൻ നുപം മിക്കവൻ